ശരാചാര്യം പാദരാശ്യതേ ഭഗവത സദാശിവസമാരംഭ്യമാം വേരുപരംപരാ സച്ചികാനന്ദികാനന്തര നമ്മള് അപചി കണ്ടമാല അപചി പലപ്പോഴും ക്ഷയരോഗലക്ഷണങ്ങളോട് പോലും കൂടിയതാണ് കണ്ടത്തിൽ വരുന്ന മുഴകൾ പലതരത്തിലുണ്ടോ അല്ല അത്ഭുത വിഭാഗങ്ങളിൽപ്പെട്ട അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് എൻ്റെ അതില് അപ പറയുന്നുലയും തുല്യലക്ഷണങ്ങളോടു കൂടിയതാണ്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 അങ്ങനെ വരുന്ന മാല പോലെ ഉണ്ടാകുന്നതാണ് ഗണ്ഠമാല എന്ന് പറയുന്നത് ഖണ്ഠമാല എന്നും പറയാറുണ്ട് നാടൻ ഭാഷ എന്നിങ്ങനെ കപ മേധോ ദൃഷ്ടിയെ ഈ രോഗത്തിന്റെ അടിസ്ഥാന കോപമായി അചരന്മാർ പറഞ്ഞിട്ടുണ്ട് കഫദോഷം ിത്തജം കഫജം എന്നതിൽ കൃഷ്ടിധോ ദുഷ്ടിതുവിനെയാണ് ഇത് ബാധിക്കുന്നത് ദുഷ്ടിച്ചിട്ട് ഉണ്ടാകുന്ന അടിസ്ഥാന ദോഷഗോപമായി ഈ രോഗത്തിന്റെ മൗലിക ദോഷമായി കഫമേതുകളുടെ ദോഷത്തെ പറഞ്ഞിട്ടു ദോഷഗോപം നീന്തു നിന്ന ദീർഘകാലാനുബന്ധത്തിന് കാരണമാവും അനുസൃതമായി വൃദ്ധിക്ഷയങ്ങളെ പ്രാപിക്കുകയോ പാകപ്രക്രിയക്ക് വിധേയമാവുകയോ ചെയ്യും പാകമായി പഴുക്കും പൊട്ടും അകത്തേക്ക് പൊട്ടാം പുറത്തേക്ക് പൊട്ടാം പുറത്തേക്ക് പൊട്ടിയാൽ പലപ്പോഴും മറ്റണുഖങ്ങൾ ബാധിക്കാൻ ഇട കൂടുതലാണ് അകത്തേക്ക് പൊട്ടിയാൽ ഇത് നേരെ ചെന്നതിൻ്റെ അകത്തേക്ക് പൊട്ടിയാൽ ഇതിൻ്റെ അണുഖങ്ങളൊക്കെ വഹിച്ചിൽ ചെല്ലും മറ്റ് സ്ഥലങ്ങളിൽ അസുഖത്തിന്റെ ലക്ഷണമൊന്നുമില്ലെങ്കിൽ അകത്തേക്ക് പൊട്ടുന്നതാണ് നല്ലത് പഴയ സമർത്ഥന്മാരായ വൈദ്യന്മാർ പൊട്ടിക്കുന്നത് മർമ്മങ്ങളിൽ നിന്ന് അവയെ മാറ്റിക്കൊണ്ടുവന്നാണ് പഴയ ചികിത്സാരീതി പ്രകാരം ചില പ്രത്യേക ഔഷധങ്ങൾ തടവി തടവുന്ന സമയത്ത് വേണ്ടത്ര സത്യനിഷ്ഠയും ഒക്കെയുള്ള വൈദ്യന്മാരാണെങ്കിൽ രോഗിയിലെ സങ്കല്പമെല്ലാം കൊടുത്ത് ഓരോ ദിവസവും മരുന്ന് തടവി തടവി അത് മർമ്മങ്ങളിൽ നിന്ന് മാറ്റി മർമ്മങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് മർമ്മസ്ഥാനത്ത് കൊട്ടാനിടയാക്കാതെ പലപ്പോഴും മർമ്മത്തിലാണ് വരുന്നതെങ്കിൽ പൊട്ടുന്നത് അപകടകരമാണ് അതുകൊണ്ട് മർമ്മസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് പൊട്ടിക്കും ൊന്നും ഉള്ളതായിട്ട് കരുതരുത് ഇപ്പോൾ അത്തരം ചികിത്സയൊക്കെ അറിയുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാലമാണ് ഒന്ന് ആയുർവേദത്തിൽ അപജിയും കണ്ടമാലയും ഒക്കെ ചികിത്സക്ക് എത്തുന്നത് തന്നെ വളരെ വിരളമാണ് കാരണം അതൊക്കെ ക്യാൻസറിന്റെ പട്ടികയിൽപ്പെടുത്തിയ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചെന്ന് ചികിത്സിച്ച് കീമോയും റേഡിയേഷനും ഒക്കെ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 സമീപത്ത് ആർക്കെങ്കിലും കഴുത്തിൽ മാല പോലെ മുഴകളുണ്ടായി കണ്ടിട്ടുണ്ടോ ഒരാളെയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടോ ഇന്ന് ഒരുപാട് പേരെ കാണാം ആശുപത്രിയിലേക്ക് അപ്പൊ അതിന്റെ അർത്ഥം ഈ ചികിത്സയും ഈ ജീവിത നിലനിന്നിരുന്ന പൗരാണിക കാലത്ത് അതിനെ പിൻപറ്റി വന്ന ഒരു രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ബ്രസ്റ്റിലെ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോഴും ചോദിച്ചു നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്ത്രീകളുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തത് മുല പൊട്ടിപ്പഴുത്ത് ആരെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ഒരു കേസെങ്കിലും ഓർമ്മയിലുണ്ടോ എന്നൊക്കെ ഞാൻ അന്നേരം ചോദിക്കേണ്ടായി ഇല്ലെന്നാണ് അന്നേരവും ഉത്തരം പറഞ്ഞ എൻ്റെ ഒരു ഓർമ്മ എന്നാൽ ഇന്ന് മിക്കവാറും മുപ്പത്തഞ്ച് കഴിയുമ്പോൾ സ്ത്രീകളെ തമ്മുടെ അടുത്തുള്ള യോഗമെല്ലാം തുടങ്ങുകയാണ് അതൊരു വലിയ പ്രശ്നവുമാണ് വീണ്ടും രക്ഷാവാദവേദന അത്മിത ക്ഷിപ്രഭാഗ സമുദാനി ചിഷർദ്ദ എന്നും ഭോജൻ തന്നെ പറയുന്നുണ്ട് വാദപ്രധാനമായ ഗണ്ഡമാല വാദോത്തരൂക്ഷേദനയന്വിത വാദപ്രധാനമായ ഗണ്ഡമാല വേദനയോടുകൂടിയതായിരിക്കും പിത്ത പൈത്തികിയായിട്ടുള്ള പിത്തപ്രധാനമായ ഗണ്ഠമാല പുകച്ചിലുണ്ടാക്കുന്നതായിരിക്കും പൈത്തികിയായിരിക്കുന്ന ഗണ്ഠമാല വേഗം പാകമാകുന്നതാണ് വേഗം പഴുത്ത കപപ്രധാനമായവയാകട്ടെ സ്പർശത്തിൽ സ്നിഗ്ധമായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇത് തിരിച്ചറിയുന്നത് തൊട്ടു നോക്കും കണ്ടാലറിയും പരിചയസമ്പന്നനായ വിശ്വരൻ കൃതഹസ്ഥനാണെങ്കിൽ കാണുമ്പോഴറിയും അത് ഓരോ രോഗിയെ നോക്കുമ്പോഴും അത്ര സൂക്ഷ്മമായി വേറെ ശ്രദ്ധകളും വേറെ ചിന്തകളും വരുത് വൈദ്യശാസ്ത്രവും അങ്ങനെയാണ് പറയുക അതുകൊണ്ട് കപപ്രധാനങ്ങളായ ഗ്രന്ഥികൾ സ്പർശത്തിൽ സ്നിഗ്ധമായിരിക്കും കഠിനമായിരിക്കും വേദന വളരെ കുറഞ്ഞതായിരിക്കും വാതികങ്ങളാണെങ്കിൽ വേദന കൂടും മേധോ ബഹുലമായ ഗ്രന്ഥികൾ മേധസ്തു കൂടിയവ അതിമൃദുത്വവും മറ്റ് കഫലക്ഷണങ്ങളുമുള്ളതായിരിക്കും പിത്താധികമായ സന്നിബാധിക ദൃഷ്ടിയിൽ രണ്ട് ദോഷങ്ങൾ ചേർന്ന് വരുന്നത് അതിന് ഗ്രന്ഥികൾ പാകമായി പ്രണരൂപി ആക്കി തീരുന്നത് അത് മരണത്തിന് കാരണവും രണ്ടു ദോഷങ്ങൾ ഒരുമിച്ച് വന്നാലാണ് സത്യാസ്മൃത വർഷശൂല കാസര ഛ്യം എന്ന് ശരകം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് रोगी अभी बलव अग्निबलतोव अग्निमें रोग चिकित्व कल को मर दी भेदमा ज्वर श्वासाधिक पार्श्ववेदना तुंगण कूड़िया गंधम ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ പ്രയാസമുള്ളതാണ് മറ്റൊന്നാണ് ഗളഗണ്ഠം തമാതി എന്ന് സുസ്കൃതം പറയും അവധിക്ക് പറഞ്ഞിട്ടുള്ള നിദാനങ്ങളിൽ വാദ കഫദോഷകോപകാരണങ്ങളാൽ മേധത്ത് ദുഷിച്ച് വാദത്തെ ദുഷിപ്പിച്ച് ഗളഗ്രന്ഥിയെ ആശ്രയിച്ച് കഴുത്തിലുള്ള ഗ്രന്ഥിയെ ആശ്രയിച്ച് ഉണ്ടാകുന്ന ശോഭമാണ് ഗളഗന്ധം കുത്തിനോവ് കരുവാളി സമതം പരുവരിപ്പ് നീരിച്ച സിരകളുടെ വ്യാപനം എന്നിവ വാധിക ളത്തിന്റെ ലക്ഷണമാണ് കവചണ്ഠം സ്ഥിരവും കഠിനവും വലിപ്പമുള്ളതും സ്പർശത്തിൽ ശീത ഭാവത്തോടു കൂടിയതും ചൊറിച്ചിലോട് കൂടിയതും ആയി വായിക്കു മധുരരത്നം കാണുകയും അങ്ങനെയുള്ളവർക്ക് എന്ത് കഴിച്ചാലും മധുരം പോകും മേധോ ണഘം സ്നേഹവും വലുപ്പമേറിയതും ശരീരം ക്ഷിണിക്കുന്നതനുസരിച്ച് ക്ഷീണിച്ചു ശരീരം പുഷ്ടിപ്പെടുന്നതനുസരിച്ച് പുഷ്ടിപ്പെട്ട് കാണാം ശരീരത്തിന് വണ്ണം കൂടിയാലും വളർന്നവളു ക്ഷീണിച്ചാലും ക്ഷീണിച്ച വളരെ അങ്ങനെ വാതകളം തന്നെ മേധോദാതു സംബന്ധത്താൽ മേധപ്രധാനമായ ജലകണ്ഠമായി തീരുകയും ചെയ്യും അപൂർവമായി വാതകപദോഷങ്ങളുടെ ദൃഷ്ടി രക്തദുഷ്ടിക്കിടയാക്കുകയും ഗലകണ്ഠത്തിലെ പാകപ്രക്രിയക്കിടയാക്കുകയും ചെയ്യും ശ്വാസ തടസ്സം ീണം സ്വരഭേദം ഇവയോടുകൂടിയതും കാലപ്പഴക്കമുള്ളതുമായ ഗളകണ്ഡം പ്രയാസമുള്ളതാണ് അതും നേരത്തെ തന്നെ അവ ചികിത്സിക്കേണ്ടതാണ് ഇവയാണ് ഗളകണ്ഡത്തിൻ്റെ ഫലം ഇത് നമുക്ക് ഗന്ധി നോക്കാം കഴുത്തിലെ ക്യാൻസറുകളെക്കൊള്ളാം കണ്ടു നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് പ്രധാനപ്പെട്ട എല്ലാ ക്യാൻസറുകളെയും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് अस्थि मज्जे कोश तभल प्रक्रिया व्यत अभुत ओर भेद इन ग्रंथिम्पृदी मृदु ശ്ലേഷ്മേ ക്ഷഹൃദയം പറഞ്ഞു ഉണ്ടായിട്ട് ആഹാരം ഇവ കൊണ്ട് മേധസ്സു ദൂഷിക്കും മേധോധാതുവിന് ദോഷം വരും അത് മേധസ് മാംസധാതുവിനെ ദൂഷിപ്പിക്കും വിഗുണമായ വാദം അതിൻ്റെ പ്രേരണ ംസം ഇവയെ ആശ്രയിച്ച് മൃദുവും സ്നെധവും വലിപ്പമുള്ളതും സ്പർശത്തിൽ ശീതവും തൊട്ടുനോക്കിയാൽ തണുത്തതും ശരീരവൃദ്ധിക്കനുസരിച്ച് വളരുക ക്ഷയിക്കുന്നതനുസരിച്ച് ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥികളെയാണ് മുഴകളെയാണ് മേധോ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് കപപ്രധാന കുറവന്തി ായ ആഹാരങ്ങൾ വിഹാരങ്ങൾ അതുപോലെ തന്നെ അവ കൊണ്ട് ദുഷിച്ച് കഫപ്രധാനമായി കോവിച്ച്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 എന്ന് വേണം വിചാരിക്കുക മുന്നോട്ട് ഇല്ലപ്പോൾ കാണാം ലാവണവരങ്ങളായ രോഗങ്ങൾ എന്നാണ് അവയെ വിളിക്കേണ്ടത് ക്യാൻസറിനൊക്കെ ആ പട്ടികയിലാണ് ഇവിടെ എടുക്കേണ്ടത് എഹിർത്ത് രോഗങ്ങൾ ലിവർ ഡിസീസും ഇത് കൂടുതൽ പ്രശസ്തി നേടുകയും ചെയ്യും അതുകൊണ്ട് രോഗങ്ങളും രോഗിയും രോഗിയെ പരിചരിക്കുന്നവരും പ്രശസ്തരാവുക രോഗം മാറാതെയും ഇരിക്കുക അർബുദം ബാധിച്ച രോഗികൾ പ്രശസ്തരാണ് സമൂഹത്തിൽ മറ്റൊന്നുമില്ലെങ്കിലും സമൂഹത്തിലൊക്കെ അവരെ കുറിച്ച് അറിയില്ല പെരുകയും ഓർത്തു വയ്ക്കും സമൂഹം കട്ടിലേക്കിടന്ന് മരിച്ച തന്തയെയോ വണ്ടിയിടിച്ചു മരിച്ച തന്തയെയോ ഒക്കെ മറന്നുപോയാലും ക്യാൻസർ വന്ന് മരിച്ചുപോയാൽ തന്തയും തള്ളിയൊന്നും നിങ്ങൾ ഒരിക്കലും എത്ര തലമുറ കഴിഞ്ഞാലും മറന്നില്ല അത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാവും ശരിയുണ്ട് ഡോക്ടർ ശരിയല്ലെന്ന് ഞാൻ പറയുന്നൊരു അതിശയത്തിയാന്ന് തോന്നി നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോകണ നിങ്ങളൊരു അപ്പൻ ക്യാൻസർ ഒന്ന് നിങ്ങൾ ഓർത്ത് പറയും ഡോക്ടർ ഡോക്ടറോട് മാത്രമല്ല തമ്മിലിരിക്കുമ്പോഴും പറയും അല്ല പറഞ്ഞ് നൂറ് കണക്കിന് ആളുകളുണ്ട് മൂന്ന് തലമുറയ്ക്ക് മുമ്പ് ഇത് വന്നാൽ മരിച്ചതെന്ന് പറയും ഓർത്തിരിക്കില്ല അത്രയൊക്കെ അതുകൊണ്ട് പിന്നെ ഓർക്കാനും പറ്റില്ല സമീപകാലത്ത് മരിക്കുന്നവർക്കൊരു പട്ടിക എഴുതാൻ അവിടുത്തെ അവൻ മരിച്ചത് കൊണ്ടാണ് അവിടുത്തെ അവൻ മരിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ശരിയാണോ ഏ അല്ലോന്നു പറയാറുണ്ട് ആ അപ്പോ മരണം രേഖപ്പെടുത്തുമ്പോൾ ഒരുമാതിരി മാന്യതയുള്ളതാണ് ഈ രോഗം ആ നല്ല അഭിമാനത്തോടെ അവർ ക്യാൻസർ രോഗിയുള്ള വീട്ടിലുള്ളവരെയൊക്കെ തമ്മിലൊന്നിലത്തി കാരണം ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ സാധാരണ രോഗങ്ങളൊന്നും ആണെങ്കിൽ തമ്മിൽ തമ്മിൽ അത്രയും പരിചയപ്പെടാറില്ല ഹാർട്ടിന്റെ ബ്ലോക്ക് ക്യാൻസർ കിഡ്നി പെയിനുകൾ തമ്മിൽ തമ്മിൽ പരിചയപ്പെടും ഞാൻ പറയുന്ന ഒക്കെ നോയാന്ന് ജനിക്കുന്നു ലോകത്ത് ഒരു പിടി രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ഒട്ടേറെ ഡോക്ടർമാരുണ്ട് പക്ഷെ ജനം പേരെടുത്തെ വിഷപ്പുരന്മാരും ഓമിയോളജിസ്റ്റുകൾ അങ്ങനെ ചില സ്പെഷ്യലിസ്റ്റുകളെ അറിയുള്ളൂ അല്ല മെഡിസിനിലെ സ്പെഷ്യലിസ്റ്റ് കൊച്ചുകുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് അവരിൽ നിന്നും അങ്ങനെ പേരെടുത്തുന്നു ആളല്ലോ അത്രയൊന്നും അറിയില്ല ഫസ്റ്റ് ലിസ്റ്റിലെ ഓമകോളജിസ്റ്റുകൾ ഉണ്ടാവും സെക്കൻഡ് കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും ശരിയല്ല അപ്പം രോഗത്തിന് പ്രശസ്തി രോഗിക്ക് പ്രശസ്തി ബന്ധുക്കൾക്ക് പ്രസക്തി അത് കഴിഞ്ഞ മതിമാർക്ക് പ്രസക്തി കാരണം എന്താണ് ഇവ ഒക്കുപേഷണൽ ഡിസീസാണ് അതുകൊണ്ടാണ് മുന്നോട്ടിട്ട് നമുക്ക് ആ വിശദമായി ഇതെല്ലാം കേട്ടിട്ടുണ്ട് ജനറലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളെ നോക്കാം ഒന്ന് അഹിതമായ ആഹാരം ആഹാരം അഹിതമാകുന്നത് നിങ്ങൾ തൊഴിൽപരമായ വ്യക്തിത്വം നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് സ്വച്ഛന്തവും സുഭകവും മര്യാദാമസ്രണവുമായ കുടുംബജീവിതം താളം തെറ്റുന്നതും തകരാറിലാകുന്നതും പാരമ്പര്യ ഘടകങ്ങളെ ചോദ്യം ചെയ്യുന്നതും കാർഷികേതരങ്ങളായ തൊഴിൽ അപ്പൊ എല്ലാവരും വ്യത്യസ്ത മേഖലകളിൽ ഉദ്യോഗസ്ഥന്മാരായി തീർന്നാൽ പിന്നെ താളം ഒരിക്കലും തിരിച്ചു വരില്ല ഒരു പുരുഷൻ ഒരു വീട്ടിൽ നിന്ന് ജോലി കിട്ടിയാൽ മതി ആ വീട്ടിൽ താളം തെറ്റി അപ്പൊ പുരുഷന്മാരെല്ലാം ജോലിയുള്ളവരായ പിന്നെ താളം തെറ്റലെന്ന് പറയണ്ട സ്ത്രീക്കും കൂടെ തൊഴിൽ കിട്ടിയാലോ പിന്നെ തിരിച്ചു വരലില്ലാത്ത രോഗികളായി കുഞ്ഞുങ്ങൾ ശക്തമായി എതിർക്കേണ്ടതാണ് ഞാനീ പറയുന്നത് ഇത് ഞാൻ അങ്ങോട്ട് പറയുമ്പോ നിങ്ങള് ഇരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വിവരങ്ങൾ എത്രയാണെന്ന് ആലോചിച്ചു നോക്കണം ഞാൻ അതിശക്തമായിട്ടാണ് പറയുന്നത് ശരിയാണോ എല്ലാ തൊഴിലുകളും കാർഷികേതരങ്ങളായ എല്ലാ തൊഴിലുകളും ഹിംസ സ്ഥേയം അന്യഥാകാമം പൈശുനം പരുഷം അനൃതം സംഭിന്നാലാഭം വ്യാപാരം അവിദ്യ ദൃഗ്മപര്യം എന്ന വൈകല്യങ്ങളോട് കൂടിയതാണ് കർഷകനായിരുന്നു കുറെ കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് അധ്യാപകനോ കർഷകനായിരിക്കെ വീട്ടിലേക്ക് വരുന്ന രോഗികൾക്ക് മരുന്ന് പറഞ്ഞു കൊടുത്തവനോ കർഷകനായിരിക്കെ ആ കൂട്ടത്തിൽ പോയി റേഷനിങ് ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് ജോലി യോജിച്ചിരുന്ന കാലത്ത് ഈ പ്രശ്നം കാണുകയില്ല കാരണം അവിടെ കുറവുണ്ട് തൊഴിൽപരമായൊരു മേഖലയിലേക്ക് മാറുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറഞ്ഞില്ല അപ്പം നിങ്ങൾ മനസ്സിലായി തന്നെ എൻ്റെ ധാരണ അതുകൊണ്ട് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ശരിയല്ലാന്ന് തോന്നും ഏതെങ്കിലും ഒരു കണ്ടതലം കൊണ്ട് തൃപ്തികരമായെങ്കിൽ പിന്നെന്തിനാ കാണാത്ത തലം കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയല്ല ഒരാൾ തൊഴിലിലേക്ക് പോകുമ്പോൾ അയാളെ സമ്മതിടത്തോളം അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാർഷിക വരുമാനത്തിൻ്റെ പതിന്മടങ്ങാണ് കഷ്ടപ്പെടാതെ കൈയിലേക്ക് കിട്ടുന്നത് സ്വാഭാവികമായി അത് നിൽക്കുന്ന ഒരു ആലസ്യം അയാളിലുണ്ടാവും തന്നോട് സമാജത്തോട് ജീവികളോട് അയാൾ പുലർത്തുന്ന ഒരു വൈരസ്യമുണ്ടാവും വിരസത ഇതൊക്കെ മാനസികം അയാൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് പുലർത്തുന്ന ഹിംസയുണ്ടാവും ും കക്കൻ നിയമാനുസൃതവും മര്യാദവും അല്ലാതെ പുലർത്തുന്ന ലൈംഗിക ഉത്സർജനങ്ങൾ ഉണ്ടാവും അത് എന്തോക്രൈൻ ലാൻഡുകളെയും പിറ്റുറ്റെറിയെയും ഒക്കെ താറുമാറാക്കുന്നതുപോലെ കൊണ്ട് കോശ കോശാന്തരങ്ങൾ തപിക്കും അത് കോശമർമ്മത്തെക്കാളേറെ കോശദ്രവങ്ങളെ മാറ്റിമറിക്കും വൈദ്യശാസ്ത്ര ും ഗേഷണങ്ങൾ കോശമർമ്മങ്ങളിൽ ഒരുക്കി നിർത്തി അന്വേഷണവുമായി നീങ്ങുമ്പോൾ കോശമർമ്മത്തെ ആധാരമാക്കി പഠിച്ച പഠിപ്പുകളിൽ തരുന്ന ഔഷധക്രിയകളെല്ലാം ഔഷധമെന്നതിനു പകരം ഉപദ്രവങ്ങളായി തീരുകയും ചെയ്യും ഞാൻ അപകടകരമായ പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ കോശമർമ്മം കോശദ്രവം എന്നും എന്നത് പരിചയുള്ള പദങ്ങളാണോന്ന് തന്നെ എനിക്കറിയില്ല ന്യൂക്ലിയസ് കോശമർമ്മം സെൻട്രൽ ന്യൂക്ലിയസ് കോശദ്രവം കോശദ്രവം എന്ന് പറഞ്ഞാൽ സൈട്രോപ്ലാസം അങ്ങനല്ലേ എനിക്കറിയാം അങ്ങനല്ലേ ഇംഗ്ലീഷിൽ പഠിച്ചവരായിരിക്കണം അത്യാവശ്യം മൊഴിമാറ്റം ചെയ്ത് പറഞ്ഞുതരാം അത് കൂടുതൽ ഇംഗ്ലീഷ് എനിക്കറിയില്ല മലയാളം അവനാ നന്നായി അറിയും സാമി ചിരിച്ചോണ്ടായി കളിയാക്കാണോ ചിന്തിച്ച അതുകൊണ്ട് കോശത്തിന്റെ നിയാമകത്വം ഭരിക്കുന്നത് സൈക്ലോഫ്ലാസമാണ് കോശമർമല്ല ന്യൂക്ലിയസ് അല്ല ഇന്നു വരെയുള്ള ഓംകോജിനിൻ്റെ പഠനങ്ങളിലെല്ലാം ആധാരമാക്കിയാണ് ലക്ഷോപലക്ഷം വരുന്ന ഗ്രന്ഥങ്ങളിൽ അതിനെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ വിഷഗുര പ്രമാണിമാർ ഇന്നും നിങ്ങളുടെ ക്യാൻസറുകളെ ചികിത്സിക്കുന്നത് ആ ചികിത്സ ഗുണത്തേക്ക വളരെ എല്ലാ ചികിത്സയും ശാസ്ത്രം അതിൻ്റെ കണ്ടെത്തലിലൂടെ പോകുമ്പോൾ ഇന്നലെ വരെ കണ്ടെത്തുകയും ഇന്നലെ വരെ ചെയ്യുകയും ചെയ്യുന്നത് ഇന്ന് രാവിലെ മാറി കാണുമ്പോൾ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 ില്ല അമേരിക്ക എം പി ചെയ്തൊരു പ്രസിഡന്റ് ആണോ തോന്നുന്നു എന്റെ ചരിത്രം എന്റെ ചരിത്രാവബോധം തെറ്റാണോ അല്ലേ ആ നിക്സൺ ലോകത്തോട് ആദ്യം പറഞ്ഞത് അമേരിക്കൻ ശാസ്ത്ര വിളിച്ചുകൂട്ടി ശാസ്ത്ര കോൺഗ്രസിൽ വെച്ച് രണ്ടു കൊല്ലം ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ മഹാരോഗത്തെ കൈപ്പിടിയിലൊതുക്കണമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെയും നിക്സന്റെയും തലയ്ക്ക് മുകളിൽ ഇരുന്ന് വർഷങ്ങൾ സംവത്സരങ്ങൾ അനേകം കഴിഞ്ഞിട്ടും ക്യാൻസർ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല അതായിരുന്നു അമേരിക്കയുടെ ദേശീയ ദുരന്തം എന്ന് തന്നെ വിശ്വസിക്കാം അന്നൊക്കെ പഠനങ്ങളും കോശമർമ്മങ്ങളിലാണ് സെൻട്രൽ ന്യൂക്ലിയസ് ഇന്ന് ലോകത്തിന് ഏതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കോശത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രണി ന്യൂക്ലിയസിലില്ലായിരുന്നു കാണാൻ പഠിച്ചിട്ടുണ്ടാവും അതിനെ അവലംബമാക്കി കുറെ ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ടാവും കുറെ മരുന്നുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൈറ്റോക്ലാസിൽ കോശദ്രവം അതാണ് ഇതിന്റെ നിയാമകത്വം ഉൾക്കൊള്ളുന്ന അടുത്ത കാലത്ത് കണ്ടെത്തിയപ്പോൾ അതുപോലെയുള്ള ചികിത്സ ഉൾപ്പെടെയാണ് നയിക്കുന്നത് അതുകൊണ്ട് ഒരാൾ തൊഴിൽപരമായ ഒരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ ഒരു രാഷ്ട്രം വികാസത്തെ സാമൂഹികമായും വൈയക്തികമായും കൗടുംബികമായും കണക്കാക്കിയിരുന്നു എങ്കിൽ സൈറ്റോഡിഫറൻസിയേഷനിലും ഒക്കെ ഉണ്ടാകുന്ന പരിണാമങ്ങളെ വ്യക്തിയും വ്യക്തിയും തമ്മിൽ പഠിക്കണമായിരുന്നു ഒരു തൊഴിലിലേക്കൊരുത്താൻ പണം ഉണ്ടാക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീടിനെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന പണം മാത്രമാണോ അവൻ തിരിച്ചുകൊണ്ടിരിക്കുക കുടുംബത്തിന്റെ ആയുധൈ തകർക്കുന്ന ഒരു സംസ്കൃതിയും ആരോഗ്യമുള്ളൊരു സമൂഹം അന്വേഷിക്കേണ്ടതായിരുന്നു പഴയ കാരണവന്മാർ അന്വേഷിച്ചിരുന്നു മകൾ ജോലിക്ക് പോകാൻ നേരത്ത് മകൻ ജോലിക്ക് പോകാൻ നേരത്ത് എവിടെയാണ് ജോലി എന്തിനാണ് ജോലി എന്ത് ചെയ്യാൻ പോകുന്നു എന്ത് നേടാൻ പോകുന്നു എന്ന് വ്യക്തമായി ധരിച്ച് അവനെ ബോധ്യപ്പെടുത്തുന്ന തന്തയും തള്ളയും ഉണ്ടായിരുന്ന കാലത്ത് ഒക്കുപേക്ഷൻ ജീസീസസ് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എന്നോട് ഇതിൽ ഉണ്ടാവണം ഇതൊക്കെ ഒന്നിനും ഒമ്പത് കൊല്ലം നാല്പത് കൊല്ലേ ഉള്ളൂ പതുക്കെ പതുക്കെ ഇങ്ങനെ രൂപപ്പെട്ടു പോകുന്നു ഇത് മുപ്പത് നിങ്ങളിൽ പലർക്കും ഉണ്ടാവും ഇല്ലാത്തവരൊന്നും കൈവോക്കിയാൽ കൈവക്ക് മുപ്പോ ഇതാരില്ല ആ കൈപോ കൈപോക്കാനാവണം രണ്ടുപേരോ മൂന്ന് പേരോ വേണം മുപ്പതാ കൊല്ലത്തിന് അപ്പുറം ജീവിച്ചവർന്ന് കൈ നോക്കിയാൽ മതി അപ്പൊ പിന്നെ ഇടതു കൊണ്ടുവന്നു പിള്ളേർക്ക് വളരെ ശരിയാണോ നോക്കിയാൽ മതി നിങ്ങളേക്കാൾ വിവരം കുറഞ്ഞവരായിരുന്നല്ലോ തന്തയും തള്ളയോക്കെ അതായിരുന്നല്ലോ നിങ്ങളുടെ പരാതി ഈ വിവരമില്ലാത്ത തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ ജനിച്ചതാണല്ലോ നിങ്ങളുടെ ദുഃഖം ശരിയല്ല എന്ന രാശാമണി ഞാൻ തോന്നുന്നു അപ്പോ അന്ന് ആളുകളിൽ നിന്ന് ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ കുത്തിവായി കൊണ്ടുവരാൻ പോകുന്നത് ധനം മാത്രമല്ല നിങ്ങളുടെ ഇടപെടൽ കല്ലുകളിലൂടെ നിങ്ങളുടെ ജീവിത ആഹാരം വിഹാരം മൈഥുനം നിദ്ര ഇവിടെയൊക്കെ താളം തെറ്റിയാണ് നിങ്ങൾ തിരിച്ചെത്തുക സാമൂഹികതോർലേൽപ്പിക്കുന്ന സംഭവ ബഹുലങ്ങളായ ഒട്ടേറെ ഭാവങ്ങളും കൊണ്ട് നിങ്ങൾ തിരിച്ചെത്തിയ വ്യക്തി കുടുംബം സമൂഹം ആതുരമായി മാറും അതിനെ ആസ്പദമാക്കി വന്ന രോഗങ്ങളെയാണ് അവർ ലാവണജന്യ രോഗങ്ങളെന്ന് വേരിട്ടത് ാവണം എന്ന പേരും കേട്ടിട്ടുണ്ടാവില്ല ലാവണം എന്ന പദം ലാവണം പറഞ്ഞ തൊഴിൽ ഇന്നത് വളരെ കൂടുതലാണ് ഇതറിയാൻ വലിയ ദൂരമൊന്നും പോകണ്ട നിങ്ങളുടെ നാട്ടിലെ ഐ മേഖല ഐ ടി മേഖലയ്ക്ക് മുമ്പ് നിങ്ങളുടെ തരത്തിലുള്ള പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഉണ്ടായ രാവു പകലും പണിയെടുപ്പിക്കുന്ന കമ്പനികളെ നോക്കിയാൽ മതി അവിടുന്ന് ഇറങ്ങിയവർ സമ്പാദിച്ചു കൂടിയ കാശിന്റെയും പ്രൗഢിയുടെയും ആഡംബരത്തിന്റെയും സമൂഹത്തിലുള്ള അവരുടെ മാന്യതയുടെയും കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവുമുള്ള എത്ര പേ ലക്ഷക്കണക്കിന് അവരുടെ തൊഴിലാളികളിൽ ഉണ്ടെന്നൊരു അന്വേഷണം നടത്തിയാട്ട് മതി അടുത്ത തലമുറ വീണ്ടും അതേ തൊഴിലിന് പോകാൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ ൊരാളാണെന്ന് എനിക്ക് തോന്നുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞത് സ്ട്രെസ് ഒക്കെ മാനസികമായ പ്രശ്നങ്ങൾ കുടുംബത്തിന്റെ അസ്ഥിരത രാത്രി ശക്തികളിൽ പണിയെടുത്തിട്ട് വന്ന പകലുള്ള ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ അവരുടെ വൈകല്യങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഉറക്കമിളച്ചിട്ട് കോശങ്ങൾക്ക് വരുന്ന പരിണാമ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 Merkuri, Cfn ും പ്രകാശിച്ചു നിൽക്കുന്ന ഹാർമോണിക്സിന്റെയും മറ്റും പിടിപ്പിച്ച രാത്രിയിൽ പണിയെടുക്കുന്ന മനുഷ്യൻ മെച്ചുപിടിപ്പിച്ചവയും സൂര്യന്റെ പ്രകാശത്തിൽ പാകം ചെയ്യേണ്ടതിന് പകരം രാത്രിയിലെ ആലക്തിക പ്രകാശത്തിൽ ഉറക്കമിളച്ച് പാകം ചെയ്യുന്ന സസ്യജാലങ്ങൾ അവയുടെ ഇലകളും കിഴങ്ങുകളും കഴിച്ചു വളരേണ്ടി വരുന്ന തലമുറയിലേക്ക് ആ ഉറക്കമിളച്ച് കൃത്രിമമായി പാകം ചെയ്ത ആഹാരത്തിലൂടെ അവരുടെ സ്വപ്നങ്ങളിലും സുശുദ്ധിയിലും വരുത്തുന്ന പരിണാമഭേദങ്ങൾ ഞാൻ പോകുന്നത് വളരെ വളരെ വളരെ വളരെ വളരെ ഒരു ലോകത്തു നിങ്ങളൊപ്പം ഓടിയെത്തുമെന്ന് എനിക്ക് വിശ്വസിക്കാമോ നിങ്ങളുടെ ശാസ്ത്രജ്ഞാനവും നിങ്ങളുടെ പരിചയങ്ങളും നിങ്ങളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും എന്നോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ അനുവദിക്കുമോ അതായത് ചോദിച്ചിട്ട് പറയുന്നതാണല്ലോ